ാടകത്തിൽ ആനന്ദം അനുഭവിക്കാനായി അവർക്ക് ഉത്തമ റോൾ ഭഗവാൻ കൊടുത്തു അമ്മയും അച്ഛനുമായിട്ട് റോൾ കൊടുത്തു അവർക്ക് അങ്ങനെ അവരാവിർഭ അവരും ഇവിടെ അവതാരങ്ങളാണ് ദേവതകളുടെ അവതാരങ്ങളാണ് അതുകൊണ്ട് ഭഗവാന്റെ ദിവ്യാനുഭവം അവർക്കുണ്ടാവും ഇങ്ങനെ ഈ ലീലയാണ് ആചാര്യസ്വാമികൾ ഗോവിന്ദാഷ്ടകത്തില് പാടിയത് മൃത്സാ മത്സീ യശോദ ശൈശവസന്ത്രാസം വ്യാധിത വക്രാലോകലോകാലോക ചതുർദശലോക്കാളിം പതിനാല് ലോകങ്ങളും വായിൽ കാണിച്ചു കൊടുത്തു ലോകത്രയപുരമൂല സ്തംഭം മൂന്നു ലോകത്തിനും അധിഷ്ഠാന വസ്തു ലോകാലോകം അനാലോകം ലോകത്തിനു മുഴുവൻ ആലോകം പ്രകാശമായിട്ടുള്ള വസ്തു അവനെ അറിഞ്ഞുകഴിഞ്ഞാലോ സകല ലോകവും അറിഞ്ഞു പോകുന്നു ലോകാലോകമനാലോകം ലോകേശം പരമേശം പ്രണമത്തെ ഗോവിന്ദം പരമാനന്ദം എങ്ങനെ ഭഗവാന്റെ നവനീത ചോരം എന്ന ലീല ഒരു ദിവസം കണ്ണൻ ഉറങ്ങിക്കിടക്കുകയാണ് രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് തൈരുകടയാണ് യശോദ ഏകദാഗൃഹദാസീഷു യശോദനന്ദഗേ കമാന്തരനിയുക്തോ നിമമന്തസ് സ്വയം ദീ യാ ഗീതരിതീ നി കാക്കാളെ സ്മരന്തീ താ അഗായ ക്ഷൗമം വാസപ്രതുകടതീ സൂത്രനധം പുത്രസ്നേഹസ്നുതകുചയുഗം ജാതകം ചം കംപം ചുഭ്രൂ रे स्वयव तैर कड़ा गोविंद दामोदरमाधवेती पाड़को भगवा बाल्यली कल आलोच അത് ഓരോന്നും ആലോചിച്ച് മനസ്സുകൊണ്ട് ആനന്ദം അനുഭവിച്ചുകൊണ്ട് രസിച്ചുകൊണ്ട് നല്ല ശുഭ്രവസ്ത്രം ധരിച്ച് നല്ല സന്തോഷം കൊണ്ട് നല്ല തടിച്ച് ശരീരം അത്രയും മുഖത്തും ആനന്ദം അങ്ങനെ വികസിച്ച് നിൽക്കുന്നു പുത്രസ്നേഹം ഹൃദയത്തില് അങ്ങനെ വേർക്കാണ് ഇങ്ങനെ തൈര് കുറേ നേരം കടഞ്ഞ് ശരീരം വേർത്തുകൊണ്ട് തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിർമ്മമന് ആ സമയം ഭഗവാൻ കണ്ണൻ പതുക്കെ ഉറങ്ങി എഴുന്നേറ്റ് വരുന്നു ഏകദാ ദമാധകാരി മാതരം സമുപസേതിവാൻ ഭവാൻ സ്തന്യലോലുപതയാൻ അംഗമേത്യവിവാൻ പയോധരൂ പതുക്കെ പതുക്കെ പതുക്കെ ഒരു കൊച്ചുകുട്ടി നടന്നു വരുന്ന പോലെ തന്നെ നടന്നു വന്നു കൈ പിടിച്ച് വാങ്ങിച്ച് മടിക്ക് കിടന്നു മടിയിൽ കിടന്നു കിടന്ന് പാല് കുടിക്കാൻ തുടങ്ങി അങ്കമേത്യ പയോധനവും അങ്ങനെ കുടിച്ച് രസിക്കുക എന്താന്ന് വെച്ചാൽ വൈകുണ്ഠത്തിൽ കിട്ടാത്ത ഭാഗ്യം വൈകുണ്ഠത്തിൽ ആര് പാല് കൊടുക്കും ചുറ്റും ചെയ്ത സാഗരമാണ് മടിയിൽ കിടത്തി കൊടുക്കാൻ ഒരു അമ്മയെ കിട്ടുമോ അപ്പോ വൈകുണ്ഠത്തിൽ പാല് കിട്ടില്ല ഇങ്ങനെ കിടത്തിക്കൊടുക്കാം പാല് കൊടുക്കാനാളില്ലല്ലോ അപ്പൊ ആ ഭാഗ്യം അനുഭവിക്കുകയാണ് അംഗമെത്യ പയോധരൗ അർദ്ധപീത കുച്ചുഡ്മളെ ത്വ സ്നിഗ്ധാസമധുരനം ബുജെ ദുഗ്ധമീഷനേ പരിശ്രുതം കുടിച്ച് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർദ്ധപീത സന്തോഷം ആനന്ദം ആനന്ദിച്ചുകൊണ്ടിരിക്കുമ്പോ അടുക്കളയിലെ ചൊ അടുപ്പത്ത് പാല് വെച്ചിട്ടുണ്ട് ആ പാല് പൊന്തി തീയിൽ വീഴുന്ന ശബ്ദം കേട്ടു അശോയി എന്നുള്ള ശബ്ദം കേട്ടപ്പോ കുട്ടിയെ മടിയിൽ നിന്ന് ഇറക്കി വെച്ച് ആ അടുക്കളയിലുള്ള പാലെടുക്കാനായി ഓടി ചെന്നു യശോദ കോപം വന്നു ആർക്കും കിട്ടാത്ത ഭാഗ്യം ഞാൻ തന്നെ വന്നു മടിയിൽ കിടന്ന് പാല് കുടിക്കുമ്പോ അടുക്കളയിലുള്ള രണ്ട് ലിറ്ററും പാലാണിപ്പോൾ വലുതായി പോയതല്ലേ ഒരാഴ്ചയായി ശേഖരിച്ചുവച്ച വെണ്ണയ്യാലത് അപ്പ ഇല്ലാതാക്കണുണ്ട് എന്നു പറഞ്ഞു സാമിപീതരസംഗഭംഗോധാരപരിഭൂതചേതസ മന്ഥദണ്ഡമുപഗൃ്യ പാട്ടം ഹന്തതിഭാജനം ത്യാ സഞ്ജാതകോപസ്ഫുരിതാധരും സന്ദശ്യ ദീദ ദതി മന്ധഭാജനം ഭിത്വാമൃശ്രുദ്ദ കോപം വന്നു കോപം വന്നു സഞ്ജാതകോപ ചുണ്ടിങ്ങനെ വിറയ്ക്കാം ദേഷ്യം വന്നിട്ടേ കുട്ടികൾക്ക് ചിലപ്പോൾ ദേഷ്യം വന്നാൽ ഇങ്ങനെ കടിച്ചിട്ട് തല മുതൽ ശരീരം മുഴുവൻ വരയ്ക്കും ചില കുട്ടികൾക്കും സ്ഫുരിദാരുണാധരം ചുണ്ടു കടിക്കാം സന്തുഷ്ട മാത്രമല്ല ആ തൈര് കടയുന്ന കയറുമൊക്കെ എലി കടിക്കുന്ന പോലെ കടിച്ചു മുറിച്ച് അവിടെ ആ ധരി പാത്രം തൈര് പാത്രം വെച്ചിട്ടുണ്ടല്ലോ അതിനെ അമ്മിക്കുഴവി കൊണ്ടുവന്ന് ഇട്ടു പൊട്ടിട്ടു വേട്ടതിരി പറഞ്ഞു തൈ മത്തു കൊണ്ടൊരു പടവെടുത്തു പോകുന്നതാണ് എന്താന്ന് വെച്ചാൽ കൊച്ചുകുട്ടി അമ്മിക്കുഴവി എടുത്തുകൊണ്ടുവന്ന് ഇട്ടു എന്ന് പറയുന്നതിനേക്കാളും മത്ത് ഇവിടെ തന്നെ ഉണ്ട് മത്ത് കുറച്ചുകൂടെ വെയിറ്റ് കുറവാണല്ലോ അപ്പൊ മത്തു കൊണ്ട് തല്ലി എന്നാണ് പറഞ്ഞത് അപ്പോ ഒരു അഷരീതി ഗുരുവായൂരൂപ്പം പറഞ്ഞേ ബട്ടരി പറഞ്ഞു നന്നായിട്ടുണ്ട് പക്ഷെ ഞാൻ മത്ത് കണ്ടില്ല അമ്മിക്കുഴവി എന്നെയാ കൊണ്ടുവന്നിട്ടതാ അമ്മിക്കുഴവി വ്യാസം പറഞ്ഞതാ നടന്നത് ബട്ടരി പറഞ്ഞു നന്നായിട്ടുണ്ട് പക്ഷെ നടന്നത് വ്യാസം പറഞ്ഞതാന്ന് തല്ലി പൊട്ടിച്ചു ശബ്ദം കേട്ടപ്പോ തന്നെ യശോധിക്കും മനസ്സിലായി എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് അടിക്കണം വടികിട്ടില്ല കിട്ടിയത് ഒരു കയർ കയറും എടുത്തോണ്ട് വന്നു എണ്ണപാത്രത്തിൽ കഴിയിട്ട് വെണ്ണയെടുത്തു ഓടാൻ പുറപ്പെട്ടു പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ അമ്മയുടെ അടുത്ത് നിന്ന് അടി കിട്ടും ഇപ്പൊ എന്താ വേണ്ടത് വേണോ പോണോ വേണ്ടയോ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുകയാണ് ഇപ്പൊ ഓടിപ്പോയാലോ അല്ല ഇപ്പൊ അമ്മയുടെ അടുത്തുനിന്ന് ഇപ്പൊ ചീത്ത വാങ്ങിച്ചാൽ അതോട് തീരുവല്ലോ അപ്പൊ ഇവിടെ തന്നെ നിന്ന് ചീത്ത വാങ്ങിക്കണോ അല്ല ഓടണോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് സ്വാമി ദേശികൻ ഇവിടെ ഒരു പ്രസിദ്ധമായ ശ്ലോകം രചിച്ചിട്ടുണ്ട് വേണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കാണ് ആ വെണ്ണപാത്രത്തിൽ കൈയിട്ട് വെണ്ണയും എടുത്ത് അമ്മ കയറും കൊണ്ടു വരുന്നു കെട്ടാനായിട്ട് രജു കയ്യിൽ കയറും കൊണ്ടുവരുന്ന അമ്മയെ രോഷം കോപത്തോടുകൂടെ വരുന്നത് കണ്ട് ദൃഷ്ടം ദാമഗ്രഹണ വണ്ണപാത്ര കൈട്ട് ദൃഷ്ടദാവവഗ്രഹണച്ചുലാ മാതരം ജാതരോഷാ പായീശ പ്രചലിത പ യനേയൻ വിശ്വഗുപ്ത ആ വെണ്ണപാ വെണ്ണയും എടുത്തുകൊണ്ട് ഓടാൻ നിൽക്കുമ്പോ ആലോചനയാണത്രേ ഭഗവാന്റെ ഉള്ളില് കണ്ണന്റെ ഉള്ളില് ആലോചന ഇപ്പൊ ഓടിയാൽ കുറച്ചു കഴിയുമ്പോ അമ്മയല്ലേ ദേഷ്യമൊക്കെ ശമിക്കും ഓടിക്കളയാം ഏഹ് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ദേഷ്യം കൂടിയാലോ അപ്പോഴേ എന്തിനാ ഓടിയത് എന്ന് ചോദിച്ചാൽ അതിനും കൂടി അടിച്ചാലോ അതുകൊണ്ട് ഇപ്പൊ തന്നെ അടി വാങ്ങിക്കാം നാഭഗൻ ന തിഷ്ടന് പോയുമില്ല നിന്നുമില്ല എന്നാണ് ഇങ്ങനെ സംശയിച്ചു നിക്കാം ഏയ് വേണ്ട ഗോപസ്ത്രീകളോടൊക്കെ ചെന്നു പറയാം അമ്മ ഇതാ വരണോ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി വന്ന് ശിപാർശ ചെയ്യണം ആ നല്ല ഐഡിയ ഓടാം തീരുമാനിച്ചു അപ്പോഴാണ് അവരുടെ വീട്ടിലൊക്കെ പോയി കെട്ടിട്ടുണ്ടല്ലോ എല്ലാരും കൂടെ അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അവരും കൂടെ കംപ്ലയിന്റ് പറഞ്ഞു കൊടുത്താലോ വേണ്ട നാഭകച്ഛൻ ഇങ്ങനെ പലവട്ടം ആലോചിച്ചാലോചിച്ച് ഓടുകയാണ് അമ്മ അവിടുന്ന് വരുമ്പോ കണ്ട സീൻ എന്താണെന്ന് വെച്ചാൽ ഇവനെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് അന്വേഷിച്ചു കൊണ്ടുവരികയാണ് വേദമാർഗപരിമാർഗിതം ഋഷാം ത്വാമഭിക്ഷ പരിമാർഗയന്ത്യസൗ സന്തൂഖലേ ദീയമാനനവനീതമോ തവേ വേദങ്ങൾ ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം രാജയോഗം ഇങ്ങനെ അനേക യോഗങ്ങൾ കൊണ്ട് തരയുമ്പോ യശോദയും തരഞ്ഞു ഏത് യോഗം കൊണ്ടാ അന്വേഷിച്ചതെന്ന് വെച്ചാൽ രോഷയോഗം എന്നാണ് രുഷ കിട്ടിയ നാല് പെടവൊടുക്കണം എന്ന് അന്വേഷിച്ചു അത്രേ വേദമാർഗരിമാർഗിതം ഋഷ എന്നിട്ട് കിട്ടിയോ സന്ത കണ്ടിടും കണ്ടു എവിടെയാ ഒരു ഒരല് ഒരു പൂച്ചയെ പിടിച്ചിരുത്തിയിട്ട് പൂച്ചയുടെ മീശയില് വെണ്ണ ഇങ്ങനെ തേച്ചു കൊടുക്കുക അത്രേ എന്താന്ന് വെച്ചാൽ ഞാനല്ല കേട്ടത് പൂച്ചയാണെന്ന് പറയാമല്ലോ അതിനു വേണ്ടിയിട്ടാണ് പൂച്ചയെ പിടിച്ചിരുത്തി വെണ്ണ കൊടുക്കുക ഭാഗവതത്തിൽ കൊരങ്ങിയെന്ന് പറഞ്ഞു ഇവിടെ പൂച്ചാണെന്ന് പറഞ്ഞു രണ്ടു മാർഗ്ഗം ഉണ്ടേ ഒന്ന് കൊരങ്ങു മാർഗവും ഒന്ന് പൂച്ചമാർഗവും കുരങ്ങുമാർഗം എന്താ മർക്കടകിശോരന്യായം പൂച്ചമാർഗം മാർജാര കിശോരൻ ന്യായം ഭക്തന്മാരും രണ്ടു ടൈപ്പാണ് ഭക്തി രണ്ട് ടൈപ്പ് രണ്ട് സ്റ്റെപ്പിലാണത് ആദ്യ സ്റ്റെപ്പില് മർക്കട കിശോരന്യായമാണ് കൊരങ്ങിനെ പോലെ കൊരങ്ങൻ തള്ളകുരങ്ങിനെ കുട്ടിക്കുരങ്ങനിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും കൊരങ്ങ് ചാടിയാലും അത് പിടിവിടില്ല കുട്ടികളെ വയറ്റിൽ വെച്ചുകൊണ്ട് തള്ളക്കുരങ്ങിങ്ങനെ മരത്തുനിന്ന് മരത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കും അപ്പൊ ഈ കുട്ടി കുറങ്ങണിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഈ കുട്ടി പിടിമിട്ട ചോട്ടൽ വീടും അപ്പോ ഈ കുഞ്ഞിന്റെ ബലത്തിനെ ആശ്രയിച്ചിരിക്കണു തള്ളയുടെ ബലമല്ല കുഞ്ഞിന്റെ ബലത്തിനെ ആശ്രയിച്ചിരിക്കുന്നു അതിന്റെ ജീവൻ അതുപോലെയാണ് ഭക്തിസാധനയും ആരംഭത്തിൽ നമ്മൾ ഇത്ര ജപം ചെയ്യണം ഇത്ര സഹസ്രം ജപിക്കണം ഇത്ര നേരം ധ്യാനിക്കണം ഇത്ര ഇങ്ങനെ പൂജിക്കണം തീർത്ഥയാത്രക്ക് പോകണം ശ്രദ്ധിക്കണം വിവേകത്തോടെയിരിക്കണം വൈരാഗ്യത്തോടെയിരിക്കും ഇതൊക്കെ നമ്മളുടെ സാധനയെ ആശ്രയിച്ചിരിക്കുന്നു എവിടെയെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ ചവിട്ടിലേക്ക് വീണു പോകും കുരങ്ങിന്റെ മാർഗം പോലെയാണ് പൂച്ചയോ പൂച്ച അങ്ങനെയൊന്നുമില്ല പെറ്റ് കഴിഞ്ഞാൽ അത് വിട്ടിട്ട് പോവാ തള്ളപ്പൂച്ച അവിടെ ഉപേക്ഷിച്ചു പോയാൽ ഈ പൂച്ചക്കുഞ്ഞ് അവിടെ കിടന്ന് ഇങ്ങനെ അമ്മയെ വിളിച്ചുകൊണ്ടേയിരിക്കും പൂച്ചകളൊക്കെ ഹിന്ദി ഭാഷയാണ് അതുകൊണ്ട് മേ ആവും മേ ആവും മേ ആവും പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ഞാൻ വരട്ടെ വരട്ടെ വരട്ടെ എന്നാണ് ഇത് മാർജാര കിഷോരനെ തള്ള പൂച്ച എവിടെ കൊണ്ടുവച്ചോ അവിടെയിരുന്നു മേയാ മേ ആവും ചില ഭക്തന്മാരും ഈ പൂച്ചയെ മാർജാര കിഷോരനെ പോലെയാണ് എവിടെ വെച്ചോ അവിടെ ഇരുന്ന് കരയും ഭഗവാൻ എവിടെ വെച്ചോ അത് സ്വീകരിക്കാം ഏതവസ്ഥയിൽ വെച്ചാലും സ്വീകരിക്കാം അത് ശരണാഗതി അല്പവും ഉയർന്ന ദശയാണ് ഇതിനെ വെച്ചുകൊണ്ട് തന്നെ വൈഷ്ണവ സമ്പ്രദായത്തിൽ വടകലയും തെങ്കലെന്ന് പറഞ്ഞ രണ്ട് മാർഗ്ഗമാണ് ശരണാഗതി പൂച്ചയും കുറിങ്ങനെയും വെച്ചുകൊണ്ടാണത് അപ്പോ ഇവിടെ പൂച്ചയ്ക്ക് വെണ്ണ കൊടുക്കാണ് അമ്മയെ കണ്ടുള്ള അവിടുന്ന് ഓടി ദതിഭാണ്ഡൻ എന്ന് പറയുന്നത് ഒരു ഭക്തന്റെ കുലാലനാണ് അയാൾ കുടവുണ്ടാക്കുന്ന ആള് അയാളുടെ ആലയത്തിലേക്ക് ഓടി അവിടെ ചെന്ന് ദതിഭാണ്ഡൻ പരമഭക്തനാണ് ഭഗവാന്റെ മഹിമ അറിയാം കൃഷ്ണനെ ദിവസം വിളിക്കുന്നത്രയും കണ്ണാവൊന്നു വരൂ എനിക്കൊന്നും സമയമില്ലാട്ടോ നേരെ വരാം ഒന്ന് വലിയ ഓഫീസിൽ പോണ ആളെ പോലെ ഗൗരവമായിട്ട് പോകും അപ്പൊ ഇന്നിപ്പോ അമ്മ ഓടിച്ചപ്പോ ഓടിച്ചെന്ന് ജതിപാണ്ടന്റെ അടുത്ത് രക്ഷിക്കുവോ ദതിപാണ്ട അമ്മ ദേഷ്യത്തോടെ വരുന്നു ഒന്ന് രക്ഷിക്കൂ നീ കുറച്ച് അടി കൊണ്ടാലേ നേരാവുള്ളൂ അടി കൊള്ളു അയ്യോ അമ്മ ഇപ്പൊ വളരെ ദേഷ്യത്തിൽ വരിക ഇപ്പൊ രക്ഷിച്ചാ ഞാൻ എന്തു വേണമെങ്കിൽ തരാം ഞാൻ തന്നെ എങ്ങനെ രക്ഷിക്കും വഴി പറഞ്ഞു തരൂ അല്ല അപ്പൊ ഒരു വലിയ കുടം ഉണ്ടല്ലോ ആ കുടത്തിന്റെ ഉള്ളില് എന്നെ അതിനകത്ത് അടച്ചു വെച്ചാ മതിയുന്നു ആ നല്ല കൂത്തായി ഭഗവാന് കുടത്തിന്റെ ഉള്ളിൽ അടച്ചു വെച്ചു കുടത്തിന്റെ ഉള്ളില് അടച്ചു വെച്ചു കുറച്ചുനേരം കഴിഞ്ഞ് തുറന്നു വിട്ടില്ല കുറച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ചെറിയ ശബ്ദം ദതി തുറന്നു വിടും എനിക്ക് ശ്വാസം കൂട്ടണു അതേ കൊറച്ചുനേരം അവിടെ കിടക്ക് ഞങ്ങൾ എത്ര ജന്മമായി ഞങ്ങളൊക്കെ ഗർഭപാത്രത്തിൽ കിടന്ന് നിലവിളിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും കേട്ടില്ലല്ലോ കുറച്ചൊക്കെ ഈ വിഷമമൊക്കെ മനസ്സിലായാലേ ശരിയാവുള്ളൂ അതുകൊണ്ട് കുറച്ചു നേരം കൊടത്ത് കിടക്കാൻ അതിൽ എന്തു വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞത്രയാ ഭക്തനോട് എന്നാൽ ഇവിടെയുള്ള സർവ്വപ്രാണികൾക്കും പരമപദം കൊടുക്കുകയാണെങ്കിൽ തുറന്നു വിടാമെന്ന് പറഞ്ഞു അത്രയാ അങ്ങനെ കുടത്ത് നിന്ന് പൊക്കി വിട്ടു ഭഗവാനെ എന്നാ ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു പുറപ്പെട്ടപ്പോഴാണ് കുഴപ്പം മനസ്സിലായത് വിശ്വരൂപ ദർശനമാണ് ത്രൗസറൊന്നുമില്ല അമ്മ ഓടിച്ചപ്പോ അവിടൊന്നു ഓടിയതാണ് അപ്പോഴൊന്നും നാണമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ തിരിച്ചു പോകാൻ പുറപ്പെടുന്നു വിശപ്പും തുടങ്ങി അപ്പോഴാണ് മനസ്സിലായത് ഇനിയിപ്പൊ എങ്ങനെ നടക്കും വഴി കൂടെ നാലാള് കണ്ട മോശം നാണവും ഒക്കെ വന്നു ദടിവാണ്ടനിയും ചിരി വന്നു അത്ര കണ്ടപ്പോ എങ്ങനെ പോവും റോട്ടിൽ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ എന്ന് ആരും ഇല്ലെങ്കിൽ ഒറ്റ ഓട്ടം കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഇങ്ങോട്ട് തല എത്തി സകല പേരും പുറത്തു നിൽക്കുന്നുണ്ട് ഈ അഗ്രഹാരങ്ങളിലൊക്കെ സ്വാമി എഴുന്നള്ളളത്ത് ശിവേലി അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് വരുമല്ലോ അപ്പൊ അങ്ങട് പോയി കഴിഞ്ഞാൽ ഒരു ലൈനിലെ ദീപാരാധന ഇങ്ങട് വരുമ്പോ മറ്റൊരു ലൈനിലെ ദീപാരാധനയാണ് അപ്പൊ തിരിച്ചു കാണാൻ കാത്തുകൊണ്ട് നിൽക്കും ആളുകളെ അതുപോലെ സകല പേരും നിക്കണണ്ട് എഴുന്നേളത്തിപ്പൊ വരും എന്നറിയാം എന്തു ചെയ്യാം വിശക്കുകയും ചെയ്യണു തല താഴ്ത്തി കൊണ്ട് പതുക്കെ വന്നു വന്ന് അടുത്ത് യശോദ പിടിച്ചു പിടിച്ച് തന്നെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ലേ കെട്ടിയിടണം കെട്ടിയിടാൻ തീരുമാനിച്ച് കയറെടുത്തതാണ് കൃതാകസന്തം പ്രരുദന്തമമക്ഷിണീ കഷന്തമജന്മഷിണീ സ്വപാണിനമാണം ഭയവിഹലക്ഷണം ഹസ്തേ ഗൃഹീത്വ വിഷയന് തവാകുരത് കെട്ടിയിടാൻ തീരുമാനിച്ചു കൃതാകസന്തം പ്രരുതന്തം കരയാൻ തുടങ്ങിയത്രേ കണ്ണിലെ കൺമശിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രാവിലെ എണീറ്റിട്ടെ അതിങ്ങനെ കൈ രണ്ടും കൊണ്ട് ഇങ്ങനെ തേച്ച് തേച്ച് മുഖത്ത് മുഴുവൻ ആക്കിയത്രേ കണ്ണീരും കൂടെ ആയപ്പോ ആ കണ്മഷി മുഖത്ത് മുഴുവൻ പ്രരുതന്തം അക്ഷിണി മഞ്ജൻ കഷന്ത അഞ്ചൻ മഷിണീ സപാണിനാ ഉദ്വിക്ഷമാണ് ഇങ്ങനെ കണ്ണ് കഷിക്കണതിന്റെ ഇടക്കൂടെ നോക്കണ്ടത്രേ അമ്മയുടെ മൂടെങ്ങനെ ഉണ്ടാകുന്നതാണ് ആ മേഡം മൂടെ എങ്ങനെയുണ്ട് കണ്ണ് കശക്കിങ്ങനെ അതിങ്ങനെ മഷിയൊക്കെ മുഖത്താവുന്നതോടൊപ്പം ഇടയ്ക്ക് കൈ ഉയർത്തി ഇടക്കൂടെ ഇങ്ങനെ നോക്കണണ്ട് യശോധ പിടിച്ച് ഇതിലൊന്നും ഞാൻ ഇന്ന് വശപ്പെടില്ല കെട്ടിയിട്ടിട്ട് തന്നെ കാര്യം കയറ് എടുത്ത് കെട്ടാൻ പുറപ്പെടുകയാണ് ആരെയാണ് കെട്ടാൻ പുറപ്പെടുന്നത് എന്ന് വെച്ചാൽ ശുഭബ്രഹ്മ മഹർഷി പറയുന്നു എന്നാ അന്തർ न बहिर्ये न पूर्विचापर पूर्वापर बहिश्रा जगदो यो जगक्ष तम्वा आत्मज अव्यक्त मर्त्यलिंग मदोक्षज गोपिका उलूखलेबंध प्राकृतम इो नमे कट्टी एवच नामा स्थलों ने കയറുകൊണ്ട് കെട്ടാം മൈക്കില്ലാത്ത സ്ഥലമുണ്ട് ഇവനെ എങ്ങനെ കെട്ടിയിടും എന്താ വിഷമം എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ അന്തർ നഹിർ യസ്യൻ ഉള്ളില്ല പുറമില്ല പൂർവമില്ല അപരമില്ല ആദിയില്ല അന്തമില്ല പൂർവാപരം ബഹിശാന്ത പൂർവ ആദിയിലും അന്തത്തിലും ഉള്ളിലും പുറത്തുമൊക്കെ നിറഞ്ഞു വ്യാപിച്ചു നിൽക്കുന്നു അങ്ങനെയുള്ള ബ്രഹ്മത്തിനെ എങ്ങനെ കെട്ടിയിടും ോദരലീല അദ്ഭുതമായ ഒരു തവത്തിനെ പഠിപ്പിക്കാനായിട്ടാ ഇവൾ കെട്ടാൻ ശ്രമിക്കുമ്പോ രണ്ടങ്കുലം കുറഞ്ഞു നിന്നു എന്നാണ് ദ്വങ്കുലോ നമിലം കിളക്ഷത് പട്ടതിരി പറഞ്ഞു സജ്ജനങ്ങളൊക്കെ ഏതൊരു ഭഗവാനെ ബന്ധുവായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു ആ ഭഗവാനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു നിർഗുണന്മാർക്ക് മാത്രം ഗുണങ്ങളെയൊക്കെ ജയിച്ചവർക്ക് കിട്ടുന്ന ബ്രഹ്മത്തിനെ ഗുണം കൊണ്ട് കെട്ടാൻ ശ്രമിച്ചു എന്നാണ് ബന്ധുമുച്ചതിയമേവ സാനുയുജ്യമിലംക്ഷങ്കുലം കുറഞ്ഞു നിന്നു എന്താ ഈ രണ്ടങ്കുലം എന്ന് വെച്ചാൽ ഞാൻ എന്റെ എന്നുള്ളത് ഈ രണ്ടങ്കുലം വെച്ചുകൊണ്ട് ഒരു സാധന കൊണ്ടും ഭഗവാനെ പിടിക്കാൻ സാധ്യമല്ല അവസാനം എത്ര ശ്രമിച്ചിട്ടും സാധിക്കാതായപ്പോ തളർന്നു പോയപ്പോ ബന്ധമേവ കൃപയാന്മമന്യഥാഹ കാരുണ്യം കൊണ്ട് അമ്മ എന്നെ കെട്ടിക്കൊള്ളൂട്ടോ എന്ന് പറഞ്ഞു കെട്ടാൻ കൊടുത്തു അത്രയോ ദാമോദരലീലയുടെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഒരു സാധന കൊണ്ടും ഭഗവാനെ പിടിക്കാൻ സാധ്യമല്ല ഞാൻ ഇത്ര ജപം ചെയ്തിട്ട് ഭഗവാനെ സാക്ഷാത്കരിക്കാം എന്റെ വിചാരത്തിൽ ജപം ചെയ്തുകൊണ്ടേയിരിക്കും സിദ്ധിക്കില്ല ഞാൻ പ്രാണായാമം ചെയ്തു മനസ്സിനെ നിയന്ത്രിച്ച് സാക്ഷാത്കരിക്കാം എന്നുവെച്ചാൽ പ്രാണായാമം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാം ഘാണപീഠനം അത്രയുള്ളൂ പക്ഷേ കിടക്കാം ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാം ബുദ്ധിവ്യാപാരവും ചെയ്യാം പക്ഷേ ബ്രഹ്മത്തിനെ പിടികിട്ടില്ല എപ്പൊ പിടികിട്ടും ഇത്രയൊക്കെ ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ച അവസാനം എന്നെ കൊണ്ട് വയ്യാന്ന് വളർന്ന് തളർന്നിരിക്കുമ്പോ അവൻ വന്ന് കണ്ണീര് തുടച്ച് പ്രകാശിക്കും ആ തളരുന്ന നിമിഷമുണ്ടല്ലോ പ്രവർത്തിച്ചിട്ട് തളരുമ്പോ അഹങ്കാരത്തിന് അതിനെ സാധിക്കില്ല എന്ന് അതിനു തന്നെ ബോധം വന്ന് അത് സ്വയം അടങ്ങണം അതിന്റെ മൊനമ്പ് പൊട്ടണം അതിന്റെ ശക്തി കുറയണം അപ്പോ സ്വയമേവ അതടങ്ങുമ്പോ കൃപയാബന്ധമേവ അന്വമന്യത അല്ലെങ്കിൽ ഏത് തന്ത്രം ഏത് സാധന ഏത് യോഗമാണെങ്കിലും പിടി കിട്ടില്ല അതന്തിരത്തിൽ കാണുമെന്റി ഇരുന്തോർക്ക് അതന്തിരത്തിൽ അവയുന്നൊളിത്തും മാണിക്യവാചകർ പറയുന്നു എന്തൊക്കെ തന്ത്രം പ്രയോഗിച്ചു ആ തന്ത്രം കൊണ്ടൊക്കെ ആർക്കൊക്കെ ഭഗവാനെ കിട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്നാണ് എന്താണെന്ന് വെച്ചാൽ കിട്ടുമെന്ന് വിചാരിച്ചാൽ കിട്ടണില്ല അഭിമാനിച്ചാൽ കിട്ടണില്ല സാധനൊക്കെ വെച്ച് അഭിമാനത്തോടുകൂടി സാധന അനുഷ്ഠിച്ച ആ സാധനയിൽ തന്നെ ഒളിഞ്ഞിരുന്നു കൊണ്ട് നമുക്ക് കിട്ടണില്ല ആ അഭിമാനം അവിടുന്ന് എടുത്തു കളഞ്ഞാലോ കൃപയാ സിദ്ധിക്കും കൃപ കൊണ്ട് എളുപ്പത്തിൽ സിദ്ധിക്കും കൃപയുണ്ടെങ്കിൽ എളുപ്പത്തിൽ സിദ്ധിക്കും എത്ര ബുദ്ധി ഉപയോഗിച്ചാലും സിദ്ധിക്കില്ല തായ്മാനന്ദ സ്വാമികൾ പറഞ്ഞു ശാസ്ത്രമോക്ക് പഠിച്ച് വിചാരം ചെയ്ത് വിചാരം ചെയ്ത് വിചാരം ചെയ്തിട്ടും കിട്ടിയില്ല അത്രേ അപ്പൊ സദ്ഗുരുവിനോട് പോയി ചോദിച്ചു ഇത്രയൊക്കെ ശാസ്ത്രം പഠിച്ചിട്ടും എനിക്ക് ആ വസ്തുവിനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ അപ്പൊ സദ്ഗുരു പറഞ്ഞു അത്രേ നിന്റെ ബുദ്ധി അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് കൃപയാകുന്ന കണ്ണുകൊണ്ട് നോക്കൂ അപ്പൊ വസ്തുവിനെ കാണുന്ന കൃപയ്ക്ക് തമിഴില് അരുൾ എന്ന് പറയും അരുളാലേ യവയും അത്തൈ അറിയാതെ എൻ അറിവാലേ പാത്തേൻ ഇരുളാന പൊരുൾ കണ്ടതല്ലാൽ കണ്ട എന്ന കണ്ടില്ലേൻ എന്നടി തോഴി അരുളാലേ യവയും പാര കൃപ കൊണ്ട് നോക്കൂ കാണാം എന്ന് പറഞ്ഞു അത്ര ഗുരു അപ്പൊ കൃപ എന്താണെന്ന് അറിയാതെ എൻ ബുദ്ധിയാൽ ചുറ്റിപ്പാത്തേൻ എന്റെ ബുദ്ധി വെച്ചുകൊണ്ട് എന്റെ ലോജിക് വെച്ചുകൊണ്ട് യുക്തി വെച്ചുകൊണ്ട് നോക്കി ഇരുളാന പൊരുൾ കണ്ടത് ഇരുട്ട് കണ്ടു എന്നല്ലാതെ ഭഗവാനെ കിട്ടിയില്ലാന്നാണ് കണ്ട എല്ലയും കണ്ടില്ലേ എന്റെ സ്വരൂപം എന്താ എന്നുള്ളതും എനിക്ക് പിടികിട്ടിയില്ല പിന്നെ എപ്പോ പിടികിട്ടി സദ്ഗുരുവിന്റെ കൃപ വീണപ്പോ പാർത്ത ഇടമെല്ലാം പരവളിയായിത്തോണ്ട ഓർ വാർത്തൊല്ല വന്ന മനുവേ പരാപരമേ കാണുന്ന സ്ഥലത്തൊക്കെ ഭഗവത് പ്രകാശം പരമപ്രകാശം അനുഭവപ്പെട്ടു എന്നാണ് അപ്പോ ഭഗവാനെ ഇവിടെ യശോദക്ക് കൃപയോട് ഭഗവാൻ വിട്ടുകൊടുത്തപ്പോ ഭഗവാന്റെ ഭഗവാന്റെ ഉദരത്തില് വയറ്റില് ഒരു കയറ് കെട്ടി കെട്ടി ഒരലില് കെട്ടിയിട്ടും യശോദ പോയി ദാമം എന്ന് കയറ് ഉദരത്തിൽ കെട്ടിയത് ദാമോദരൻ എന്ന് ഭഗവാന്റെ പേര് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ സൂക്ഷിക്കണം ഗ്രില്ല് ഒക്കെ കുറച്ച് നമ്മള് ജനൽ ഗ്രില്ലൊക്കെ വെച്ച് തലയിടാവുന്ന ഭാഗത്തിൽ വെച്ചാൽ ചിലപ്പോൾ ഇട്ടുനോക്കും കുടുങ്ങിക്കളയും അല്ലേ അതേപോലെ ഇവിടെ ഒരല് കെട്ടിയിട്ടപ്പോ അവിടെ രണ്ടും മരവുണ്ട് ആ മരങ്ങളുടെ ഇടയിൽ കൂടെ ഈ ഒരല് വലിക്കണം തോന്നി കണ്ടു അതിന്റെ ഇടയിൽക്കൂടെ ഈ ഒരൽ ആഞ്ഞു വലിച്ചപ്പോ ആ മരം രണ്ടും കടപുഴങ്ങി ചുവട്ടൽ വീണു കുബേര അനുചരന്മാരായ തിളകൂപര നാരദശാപം കൊണ്ട് മരങ്ങളായിട്ട് നിൽക്കുകയാണ് അവര് മുമ്പിൽ പ്രകാശിച്ച് ഭഗവാനെ സ്തുതിക്കാണ് ആ സ്തുതി വളരെ പ്രധാനമായ സ്തുതി അത് നമ്മള് നാളെ കാണാം പറയുന്നവരുടെ ഹൃദയത്തിനെ ശുദ്ധമാക്കുന്നു പറയുമ്പോ അതൊരു ധ്യാനം വാക്ക് ശുദ്ധം മനസ് ശുദ്ധം അന്തരീക്ഷം ശുദ്ധം കേൾക്കുമ്പോ കേൾക്കണവർക്കും അത് അവർക്കും അനുഭവം അപ്പൊ ഈ ഭാഗവതത്തിൽ വളരെ പ്രധാനമായിട്ടുള്ളതാണ് പുതുമഹാരാജാവ് ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഭഗവാനോട് ചോദിക്കുന്നു ഭഗവാൻ എന്തു വരം വേണം എന്ന് പൃഥുവിനോട് ചോദിച്ചു പൃഥു പറഞ്ഞു ഭഗവാനെ വരം ചോദിച്ചു കൊടുങ്ങാൻ ഞാൻ ആളല്ല നമുക്ക് ആഗ്രഹം സഹജമാണ് ആഗ്രഹിക്കാന്നുള്ളത് മനുഷ്യ സ്വഭാവം ആഗ്രഹിച്ച് ഒരു അനുഗ്രഹം ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ആഗ്രഹിക്കണം നമുക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ് അതൊരു ഭഗവത് അനുഗ്രഹം ആഗ്രഹിക്കുന്നതൊക്കെ നടക്കാൻ തുടങ്ങിയാൽ അപ്പൊ അറിയാം വിഷമം എത്രയുണ്ടെന്ന് ഒരു ഭക്തൻ ഭഗവാനോട് അങ്ങനെ പ്രാർത്ഥിച്ചു ഭഗവാനെ ഞാൻ ആ പലതും ആഗ്രഹിക്കും പക്ഷെ ഞാൻ ചോദിക്കണതൊന്നും തരില്ല എന്ന് പറയണമെന്നാണ് അതൊരനുഗ്രഹം എന്താന്ന് വെച്ചാൽ നമുക്ക് ശാന്തിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് ഒരേ വസ്തുവേ ഉള്ളൂ നമ്മളുടെ തന്നെ മനസ്സ് ശാന്തി എന്ന് വെച്ചാൽ മനസ് അടങ്ങിയ അവസ്ഥയെ നമ്മൾ ശാന്തി എന്ന് പറയണം അത് ഇടയ്ക്ക് അനുഭവപ്പെടുമ്പോൾ നല്ല ശാന്തിയായിരുന്നു പക്ഷെ ഇത് വ്യാജശാന്തിയാണ് എന്താന്ന് വെച്ചാൽ കുറച്ചു നേരം നിൽക്കും കുറച്ചു കഴിഞ്ഞാൽ പിന്നെയും മനസ്സ് ചലിക്കും മനസ്സ് ചലിച്ചാലോ വീണ്ടും അശാന്തി സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ ശാന്തി അമ്പലത്തിൽ വരുമ്പോ ശാന്തി പൂജ ചെയ്യുമ്പോൾ ശാന്തി കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും അശാന്തി അപ്പൊ ഇത് വ്യാജമാണ് ശാശ്വതമായ ശാന്തി ശാന്തി ബ്രഹ്മസ്വരൂപം ഈശ്വരസ്വരൂപം ശാന്തി സമൃദ്ധമൃതം ശ്രുതി പറയുന്നു സമൃദ്ധമായ ശാന്തി അശാന്തി ഉണ്ടെങ്കിൽ പുറമേക്ക് ദാരിദ്ര്യമാണെങ്കിൽ പോലും സമൃദ്ധമായിരിക്കും അത്രയും കുചേരനോട് ചോദിക്കുന്നു സുധാമാവെ എങ്ങനെ ഇരിക്കുന്നു സുധാമാവ് പറഞ്ഞു ശാന്തമായിട്ടിരിക്കണു എന്നാണ് സമൃദ്ധമായിട്ടിരിക്കണു എന്താ സമൃദ്ധി ശാന്തി അപ്പൊ ആ ശാന്തി എങ്ങനെ ഉണ്ടാവും മനസ്സടങ്ങുമ്പോഴേ ശാന്തി ഉണ്ടാവുകയുള്ളു മനസ്സിനെ ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിക്കണം വടക്കനാഥന്റെ കയ്യിൽ ഏൽപ്പിക്കാം അമ്പലത്തിൽ വന്ന് തൊഴുമ്പോ ഭഗവാൻ ആ ഒരേ ഒരു പുഷ്പം അർപ്പിക്കാം ബാക്കി എത്ര പുഷ്പം അർപ്പിച്ചാലും ഈ പുഷ്പം അർപ്പിച്ചില്ലെങ്കില് ശാന്തി ഉണ്ടാവില്ല ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരി എന്നൊരു കൃതി എഴുതിയിട്ടുണ്ട് നൂറ് ശ്ലോകങ്ങൾ നമുക്ക് പരമേശ്വരനെ സ്തുതിക്കാൻ ഇത്രയും മനോഹരമായ മറ്റൊരു കൃതിയില്ല അതില് സൗന്ദര്യലഹരിയൊക്കെ തന്ത്രശാസ്ത്രവും യോഗശാസ്ത്രവും ഒക്കെ ധാരാളമുണ്ട് എല്ലാവരും സൗന്ദര്യ ലഹരി ധാരാളം പഠിക്കണു പക്ഷെ സൗന്ദര്യ ലഹരി എല്ലാവർക്കും ഉള്ള കൃതിയല്ല അത് സാധാരണപ്പെട്ട ആളുകൾക്ക് മനസ്സിലാവില്ല അത് രാഗം വെച്ച് വേണമെങ്കിൽ പാടുകയൊക്കെ ചെയ്യാം പക്ഷെ ഒന്നും പിടികിട്ടില്ല പക്ഷെ ശിവാനന്ദലഹരി എല്ലാവർക്കുമുള്ള കൃതിയാണ് വളരെ ലളിതമായ ഭക്തി സരളമായ ഭക്തി ശിവാനന്ദലഹരിയിൽ ആചാര്യസ്വാമികൾ മനസ്സാകുന്ന പുഷ്പത്തിനെ പരമേശ്വരൻ അർപ്പിക്കണം എന്ന് പറയണം ആളുകൾ പൂ വരയ്ക്കാനായിട്ട് മലയുടെ മേലെയും കാട്ടിലും കുളത്തിലും ഒക്കെ ഇങ്ങനെ നടക്കും പൂ പറ വരുമ്പോഴേക്കും തളർന്നു പോകും ഇപ്പൊ അതൊന്നുമില്ല അപ്പൊ നമുക്ക് കടയിൽ പോയാൽ കിട്ടും നാലു ദിവസം പഴകിയ പൂ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തരും പുഷ്പം അപ്പോ ആചാര്യസ്വാമികൾ പറയുക ഗഭീരെ കാസാരേ വിശതി വിജനേ ഘോരവിപിനേ വിശാലേ ശൈലേശഭ്രമതി കുസുമാർത്ഥം ജടമതിഹി സമർപ്പിക്കം ചേതസ്സരസിജം ഉമാനാഥഭവേ സുഖേനാവസ്ഥുഹ ജാനാതി അഹോ എന്നുവെച്ചാൽ ആശ്ചര്യം എന്താ ആശ്ചര്യം വളരെ എളുപ്പമായിട്ടുള്ള കാര്യം വിട്ടിട്ടും മെനക്കെടുണോ എന്താ മെനക്കെട് ഗഭീരെ കാസാറി കാട്ടിലെവിടെയോ ഒരു കുളമുണ്ട് ആ കുളത്തില് താമരയുണ്ട് എന്നറിഞ്ഞ് കുളത്തിലിറങ്ങി താമര പറിക്കാനായിട്ട് കാട്ടിലേക്ക് ചെല്ലണു േ കാട്ടിലൊക്കെ ചെന്ന് പൂ പറിക്കാനായി അലഞ്ഞു നടക്കുന്നു ഇല്ലാത്ത ഈ മന്ദം വാരം ജഡമതി എന്നാണ് അറിവില്ലാത്തവരെ അവിടെ ഇവിടെ അലഞ്ഞു നടക്കുന്നു ഒരേ ഒരു പുഷ്പം ചേതസരസിജം ഉമാനാഥഭവത്തെ ചിത്തമാവുന്ന സരസ്സില് ജനിക്കുന്ന പുഷ്പം ചിത്തമാവുന്ന സരസില് ജനിക്കുന്ന പുഷ്പത്തിനെ പരമേശ്വരന് സമർപ്പിച്ച് ഭഗവാന് സമർപ്പിച്ചാൽ നിജ ഭക്തി നമ്മളെ തന്നെ സമർപ്പിക്കാം ശരണാഗതി സുഖേനാവസ്ഥും അതോടെ സുഖം സുഖേനാവസ്ഥാതും ആചാര്യസ്വാമികൾക്ക് തന്നെ വിഷമം മനസ്സിലായി മനസ്സിനെ അർപ്പിക്കണം അപ്പൊ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഈ മനസ്സിനെ എടുത്തോളാം മനസ്തേതൗ ആചാര്യസ്വാമികൾക്ക് തന്നെ വിഷമം മനസ്സിലായി മനസ്സിനെ അർപ്പിക്കണം അപ്പൊ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ മനസ്സിനെ എടുത്തോളാം മനസ്തേ വചഹാസ്തോത്രൊണ്ട് സ്തോത്രം ചൊല്ലാം മനസ്സങ്ങയുടെ പാത്രത്തിൽ നിൽക്കട്ടെ കൈകൊണ്ട് അർച്ചന ചെയ്യാം പാദം കൊണ്ട് പ്രദക്ഷണം ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെയും ഒരു വിഷമം മനസ്സിനെ തരാമെന്ന് പറയാം പക്ഷെ തരാൻ നമ്മളുടെയാണോ മനസ്സ് നമ്മൾ പറഞ്ഞ കേൾക്കാത്ത ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ മനസ്സാണ് ഭഗവാന് കൊടുക്കാമെന്ന് നമുക്ക് പറയാം പക്ഷെ നമ്മളെ വിചാരിച്ചാൽ കൊടുക്കാൻ പറ്റുമോ നമ്മളുടെ ഒരു കൂട്ടുകാരൻ ഒരാള് എവിടെയോ അമേരിക്കയിൽ പോയപ്പോൾ അവിടെ എവിടെയോ പുസ്തകത്തിൽ ഒരു മെഡിറ്റേഷൻ സീറ്റ് അതിന് അഡ്വെർടൈസ്മെന്റ് കണ്ടു എത്രയോ ഡോളർ കൊടുത്ത് വാങ്ങിച്ചോണ്ടു വന്നു ആദ്യം ഫോൺ ചെയ്ത് പറഞ്ഞു വാങ്ങിക്കാൻ പോണോ അപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ ഡോളർ ഒന്നും ചെലവാക്കണ്ട മെഡിറ്റേഷൻ ഇപ്പൊ സീറ്റൊന്നും ആവശ്യമില്ല ഭഗവാന്റെ കൃപ കൊണ്ട് ധ്യാനം ഏർപ്പെടുകയാണെങ്കിൽ എവിടെയും ധ്യാനിക്കാൻ പോകും അദ്ദേഹം വാങ്ങിച്ചു അത് ഫോട്ടോവും അഡ്വെർടൈസ്മെന്റും കണ്ടു മോഹിച്ചു വാങ്ങിച്ചു കുറച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ചോദിച്ചു എങ്ങനെയുണ്ടാകും അല്ല സീറ്റ് വാങ്ങിക്കലൊക്കെ എളുപ്പം നടന്നു ധ്യാനിക്കല അതിൽ ഇരുന്നിട്ട് അതൊന്നും പറ്റണല്ല സീറ്റ് വാങ്ങിക്കാൻ വളരെ എളുപ്പമായിരുന്നു പണം കൊടുത്തതും കിട്ടി പക്ഷെ അതിൽ ഇരുന്നിട്ട് ധ്യാനിക്കണ്ടേ മനസ്സിങ്ങനെ അലഞ്ഞു നടക്കണോന്നാണ് ഇത് ഒരാളുടെ ബുദ്ധിമുട്ടല്ല ശകല പേരുടെയും ബുദ്ധിമുട്ട് അപ്പൊ എന്തു ചെയ്യാം ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കണം ഭഗവാനെ ഈ മനസ്സിനെ അങ്ങ് പിടിച്ചെടുക്കണം ഞാൻ തരാൻ പറ്റില്ല അങ്ങായിട്ട് ബലമായി പിടിച്ചെടുക്കണം സദാ മോഹാടവ്യം സതത്തി യുവതീന കുചഗിരൗ നടതി ആശാശാകു അടതി ടിടിതി സ്വൈരം അഭിത കിക്ഷോ മേ ഹൃദയകല ദൃം ഭക്തീനം കൂരു വിഭോ സദാ മോഹാദവ്യം ചരതി എണ്ഡോ മനസ് ഒരു കൊഴിഞ്ഞൻ വിവേകാനന്ദ സ്വാമി അതിന് പറയും പൊതുവെ കുരങ്ങൻ കുരങ്ങൻ അൽപ്പം കള്ളു കുടിച്ചാൽ എങ്ങനെയുണ്ടാവും അത് മദ്യവും കുടിച്ചു ആ കുരങ്ങനെ ഒരു തേളും കടിച്ചു അതിന്റെ മേലെ ഒരു പ്രേതവും കൂടി അത്ര അത്ര ചവലം സദാമോഹാദവ്യാം ചരതി യുവതീനം കുജഗിരൂ ഭോഗവസ്തുക്കളിലൊക്കെ ഇങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുന്നു അടുത്തീ ശാകാസു ജഡിതി ഒരു വശത്തും പിടിച്ചിട്ടത് നിക്കണല്ല അതിന് തോന്നിയ സ്ഥലത്തൊക്കെ അലഞ്ഞു നടക്കാണ് അപ്പോ ഭഗവാൻ കവാലി ഭിക്ഷുവാണ് പരമേശ്വരൻ ഭിക്ഷാന്തേഹിയായിട്ട് നടക്കുമല്ലോ അപ്പൊ ഭഗവാനോട് പറയാ വെറുതെ പോയി ഭിക്ഷ ചോദിച്ചാൽ ചിലപ്പോ തരില്ല ചിലരൊക്കെ ഇവിടെ ഒന്നുമില്ല എന്ന് പറയും അല്ലേ ഭിക്ഷക്കാർ മുമ്പിൽ വരുമ്പോ ഇങ്ങോ ഒന്നുമില്ലേ ഒന്നുമില്ല പറയാൻ പാടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചില ദേവതകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അവരെപ്പോഴും തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഭിക്ഷക്കാര് വീട്ടിന് മുമ്പിൽ വരുമ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ തഥാസ്തു എന്ന് പറഞ്ഞിട്ട് പോകും അങ്ങനെ ആയിക്കോട്ടെ അപ്പോ ഭിക്ഷ എടുക്കാൻ പോയപ്പോ ചിലങ്ങനെ പറയും പക്ഷെ ഒരു കുരങ്ങിനെ കൊണ്ടുപോയി കുറെ കളിപ്പിക്കലും സർക്കസ് കാണിക്കലും ചെയ്താൽ ഭിക്ഷ കിട്ടും അതുകൊണ്ട് അങ്ങക്ക് നല്ല കുരങ്ങിനെ ഞാൻ തരാം അത്യന്തം ചവലനാണ് അയാളെ സർക്കസ് പഠിപ്പിക്കുമെന്ന് വേണ്ട അയാളായിട്ട് കാണിച്ചോളും സകല സർക്കസും അയാൾ കാണിച്ചോളും അയാളെ കെട്ടിയിടാൻ ഒരൊറ്റ കയറേ ഉള്ളൂ എന്താ ഭക്യാബദ്ധ ഭക്തിയാകുന്ന കയറ് കൊണ്ട് കെട്ടിയിട്ട് അങ്ങ് പിടിച്ചെടുത്തോളാം ഭഗവധീനം കുറുവിഭോ അങ്ങയുടെ അധീനത്തിൽ എന്റെ അധീനത്തിൽ എന്റെ മനസ്സ് ഇരുന്നാൽ അത് എപ്പോ ചതിക്കും എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോ ഭക്തിയൊക്കെ കാണിക്കും ചിലപ്പോ അമ്പലത്തിൽ പോകാമെന്ന് പറയും കുറച്ചു കഴിഞ്ഞാൽ ടി വി കാണാമെന്ന് പറയും കുറച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക് പോകാമെന്ന് പറയും അത് പറയണത് അത് ഒഴിക്ക് നല്ലത് പറയണമെന്ന് പറഞ്ഞ് വിശ്വസിച്ചാൽ കുറച്ചു കഴിഞ്ഞാൽ വേറെ വലതുമൊക്കെ പറയും ആ വഴിക്കും പോണ്ടി വരും അത് നമ്മൾ വിളിക്കുന്ന വഴിക്ക് വരില്ല അത് വിളിക്കുന്ന വഴിക്ക് നമ്മൾ പോവാനും തുടങ്ങിക്കഴിഞ്ഞാൽ കുടിക്കും അപ്പൊ ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിക്കണം അതിനെ കെട്ടാൻ എന്ത് കയറുണ്ട് ഭക്തി എന്ന കയറ് ഭക്തിയാകുന്ന കയറുകൊണ്ട് ദൃഢം ഭക്തി ഭദ്വ ഭഗനം കുറുവിഭോ ഭക്തിയാകുന്ന കയറുകൊണ്ട് കെട്ടിയിട്ട് അങ്ങയുടെ സ്വാധീനത്തില് അങ്ങയുടെ അധീനത്തിൽ വെച്ചോടാം അങ്ങയുടെ അധീനത്തിൽ വെച്ചോടാം അപ്പൊ മനസ്സിനെ നമ്മൾ സാധന കൊണ്ട് പിടിച്ചു നിർത്താ അത് ഒരു സ്റ്റേജ് വരെ അത് കുരങ്ങിന്റെ മാർഗം കുറച്ചു കഴിഞ്ഞാലോ ഭഗവാനെ വിളിക്കാം ഭഗവാന്റെ കൃപ പ്രവർത്തിച്ചു തുടങ്ങുമ്പോ ഒരു വിഷമം ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെ തന്നെ ഈ കുരങ്ങിനെ അടങ്ങിയിരുന്നോളും ശാന്തി ഏർപ്പെട്ടോളും ഭഗവാൻ നമ്മളുടെ മേലെ കൃപ ചെയ്യുകയാണെങ്കിൽ എത്ര നമ്മൾ ദുഷ്ടന്മാരാവട്ടെ എത്ര കളങ്കമുള്ളവരാവട്ടെ മനസ്സടങ്ങി ഭക്തി ഉള്ളിലോ ഭക്തന്മാരൊക്കെ പറഞ്ഞത് അവര് സാധന ചെയ്തു ഭക്തി നേടി എന്നല്ല ഇന്നലെ നമ്മൾ ദാമോദരലീല പറഞ്ഞു ദാമോദരലീലയില് യശോദ കൃഷ്ണനെ കയറ് കൊണ്ട് കെട്ടി ഒരലിൽ കെട്ടിയിട്ടു കെട്ടിയിടാൻ ശ്രമിക്കുമ്പോൾ രണ്ടങ്കുലം കുറവ് എന്താ എത്ര കെട്ടിയാലും കയറങ്ങടെ എത്തണില്ല എന്താ ഈ രണ്ടങ്കുലം എന്ന് വെച്ചാൽ ഞാൻ എന്റെ എന്നുള്ളത് ഞാൻ എന്റെ എന്നുള്ളത് ഉള്ളത്തോളം കാലം ഭഗവാനെ പിടിച്ചെടുക്കാൻ സാധ്യമല്ല ഒരു സാധന കൊണ്ടു ജ്ഞാനം യോഗം എന്ത് ശാസ്ത്രമാണെങ്കിലും എന്ത് സാധനയാണെങ്കിലും ഒരു സാധനയ്ക്കും ഭഗവാൻ വശപ്പെടില്ല സാധനമൊക്കെ ചെയ്യുന്നവനാര് ഈ അഹങ്കാരമല്ലേ ഈ അഹങ്കാരമാണല്ലോ സാധകനായിട്ട് വേഷം കിട്ടി നിൽക്കണത്തോ ഈ പ്രേമം ഭഗവത് ഭക്തി ഒരു വിചിത്രമായതാണ് ആരെങ്കിലും ഒരാൾ ഞാൻ ഭക്തനാണ് എന്ന് പറഞ്ഞാൽ ഭക്തി എവിടെ ഒളിഞ്ഞു പോകും അത് വളരെ നാണം കുണുങ്ങിയാണ് ഈ ഭക്തി എന്താണെന്ന് വെച്ചാൽ ഭക്തി ഉണ്ട് എന്ന് പറയുന്ന ആളുടെ അടുത്ത് നമ്മൾ ഓടിപ്പോകും എവിടെ പരാജയം സമ്മതിക്കണമോ അവിടെ വരും ഭക്തന്മാരൊക്കെ പറയണത് ഞങ്ങൾക്കൊരു യോഗ്യതയും ഇല്ല ആ ഒരു യോഗ്യതയും എന്ന് പറയണ ആളുടെ അടുത്തേക്ക് ഭക്തി വരുന്നു മാണിക്യവാചകസ്വാമികൾ തിരുവാചകത്തിലെടുത്ത് പറയുന്നു ഞാൻ കള്ളം ചെയ്തു ഞാൻ പറ്റിച്ചു മറ്റുള്ളവരെ ഞാൻ എന്റെ എന്നുള്ള അഹങ്കാരവും വെച്ചുകൊണ്ട് നടന്നു അങ്ങനെയുള്ള എന്നെ വേദങ്ങളൊക്കെ ഏത് പരമേശ്വരനെ അന്വേഷിക്കുന്നുവോ ആ പരമേശ്വരൻ എന്നെ തെരഞ്ഞുപിടിച്ച് എന്റെ ഉള്ളിലേക്ക് നിർബന്ധപൂർവം കടന്നു എന്നാണ് എനിക്കൊരു യോഗ്യതയോ ഇല്ല എത്രയോ പേർ തപസ്സ് ചെയ്യുന്നു അവർക്കൊന്നും കിട്ടാത്ത ഭഗവാന്റെ അനുഭവം എനിക്ക് എങ്ങനെ കിട്ടി എന്ന് ആലോചിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ വയ്യ അതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ തന്നെ വാക്ക് നടിത്ത് മണ്ണിണൈ പൊയ്യുന്ന പലശത്ത് നാങ്ങനതിയും മായം പിടിത്ത് അക്കാരം മുൻ തിരിയ അദ്ഭുതം അറിയേനേ ആശ്ചര്യത്തിനെ ഞാൻ എങ്ങനെ പറയും അദ്ഭുതം എന്നാണ് എന്താന്ന് വെച്ചാൽ ഭക്തന് തന്നെ ആശ്ചര്യം തോന്നുന്നു തനിക്ക് ഭഗവത് അനുഭവം ഏർപ്പെടുമ്പോൾ എനിക്കിതിന് യോഗ്യതയില്ലല്ലോ ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ് അർഹതയില്ലാത്ത എനിക്ക് എന്റെ മേലെ ഭഗവാൻ എങ്ങനെ കൃപ ചെയ്തു ഒരു അർഹതയും ഒരു യോഗ്യതയും ഇല്ലാത്ത പരമദുരാചാരിയായിട്ടുള്ള എന്റെ മേലെ ഭഗവാൻ എങ്ങനെ കൃപ ചെയ്തു ഒരു ലോജിക്കും പറയാൻ പറ്റില്ല ഭക്തി അനുഭവിക്കുമ്പോ ഇവിടെ വാഴയ്ക്ക് വാചകർ പറയുന്നു ഞാനിവിടെ ലോകത്തിൽ പൊയ് ചെയ്ത് എന്ന് വെച്ചാൽ കള്ളം പറഞ്ഞു നടന്ന് നടിത്ത് മണ്ണിടൈ പൊയ്യിനെ പല ചെയ്ത് ഒരു പൊയ്യല്ല ധാരാളം ും ഞാൻ എന്റെ എന്ന് വിചാരിച്ചിരുന്നു ഒരു വിഷപ്പാമ്പ് കടിച്ചു അഹങ്കാരമാവുന്ന പാമ്പ് എന്നിട്ട് അതിൽ കുടുങ്ങി അങ്ങനെ കുടുങ്ങിക്കിടന്ന് എന്നെ അറുമറൈ തേടിയ പരമ്പൊരു വേദങ്ങളൊക്കെ അന്വേഷിച്ച പരമാത്മാവ് അടിത്ത് അടിത്ത് അടിക്കുക എന്ന് വെച്ചാലോ ദുഃഖം കൊടുക്കുക എന്നർത്ഥം വിഷയഭോഗങ്ങളിൽ പെട്ടുകിടക്കുന്ന ജീവനെ ഭഗവാൻ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പ്രയോഗിക്കണ മാർഗമാണ് ദുഃഖം അതാണ് അടിക്കല് അടിത്ത് അടിത്ത് ദുഃഖം കൊടുത്തു ദുഃഖം കൊടുത്ത് കരയുമ്പോൾ ഭഗവാൻ എന്തു ചെയ്യും അക്കാരം തീറ്റിയ അക്കാരം എന്ന് വെച്ചാൽ കൽക്കണ്ട് മധുരപലഹാരം കരയുമ്പോ ദുഃഖിച്ച് കരയുമ്പോ മധുരം ഉണ്ടാക്കണോ അത്രേ എന്ത് മധുരം ഭക്തി എന്ന മധുരം ഒരു കുരു വളർന്നാൽ ആ കുരു ഓപ്പറേഷൻ ചെയ്തെടുക്കുമ്പോൾ വേദനിക്കും അതേപോലെ അഹങ്കാര ഒരു കുരു പോലെ ഒരു വ്രണം പോലെ വളർന്നു കിടക്കുന്നു അതിന് ഭഗവാൻ ദുഃഖം കൊണ്ട് ജീവിതത്തിൽ പലവിധ വിഷമങ്ങൾ കൊണ്ട് ഓപ്പറേഷൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേദനിക്കും വേദനിക്കും അപ്പം നമ്മൾ ഭഗവാനെ തന്നെ സംശയിക്കും ഇത്രയൊക്കെ ജവിച്ചു ഇത്ര അമ്പലത്തിൽ പോയി ഇത്രയൊക്കെ ചെയ്തു എന്നിട്ട് എനിക്ക് വിഷമം വരുത്തും ഇതിനെന്തു കാരണം അപ്പൊ ഭഗവാന്റെ പദ്ധതിയെ അങ്ങനെയാണ് തദാനുവേയോ ഭഗവത് പ്രസാദ യോ ദുർലവോ അകിഞ്ചന ഗോചരണ്ണി ത്രൈവർഗികസ വിഘാതം അസ്മത്പതിർവിധത്തെ പുരുഷക്ര വൃത്തൻ പറയണു ധർമ്മത്തിന് തടസ്സം അർത്ഥം സമ്പാദിക്കാൻ തടസ്സം കാമം അനുഭവിക്കാൻ തടസ്സം എല്ലാത്തിനും തടസ്സം വരുമ്പോ ഭഗവാന്റെ കുറ്റം പറയുന്നതിനു പകരം ഭഗവാന്റെ വരാൻ പോകുന്നു അറിഞ്ഞുകൊള്ളണം അറിഞ്ഞുകൊള്ളണം എന്താ ഈ ദുഃഖത്തിന്റെ അവസാനം വരുന്നത് എന്താ കൃപയാണ് ചിലപ്പോ ശാപം അനുഗ്രഹമായിരിക്കും വൃത്രനെ പാർവതീദേവി ശപിച്ചപ്പോൾ വൃത്രൻ പറഞ്ഞു ഇവിടെ ആര് ശപിക്കാൻ ആരനുഗ്രഹിക്കാൻ ഈ മായയിൽ എന്ത് ശാപം എന്ത് അനുഗ്രഹം ചിലപ്പോൾ ശാപം അനുഗ്രഹമായി തീരും അനുഗ്രഹം ശാപമായിട്ട് തീരും ഗുണപ്രവാഹ ഏതസ് അപ്പോ ഭഗവാൻ നമുക്ക് ദുഃഖമായിട്ട് തരുന്നത് പിന്നീട് വലിയ അനുഗ്രഹമായിട്ട് തീരും മഹാത്മാക്കളൊക്കെ ദുഃഖത്തിലൂടെ വന്നവരാണ് വിഷമങ്ങളിലൂടെ വന്നവരാണ് അപാരമായ ദുഃഖത്തിലൂടെ വന്നവരാണ് ദുഃഖം ഒരു സ്വർണത്തിന് തീയിലിട്ട് കാച്ചിയെടുക്കണ പോലെ നമ്മളെ പരിശുദ്ധമാക്കും അശുദ്ധിയൊക്കെ നീക്കിയിട്ട് ഇവിടെ ഈ ദാമോദരലീലയ്ക്ക് നമ്മൾ ഇന്നലെ കണ്ടു രണ്ട് അർജുന ഇടയിൽ കൂടെ കൃഷ്ണൻ ഒരലു വലിച്ചപ്പോ ആ രണ്ടു മരങ്ങളും കടപുഴങ്ങി ചവിട്ടൽ വീണു അവരുടെ സ്ഥാനത്ത് രണ്ട് ഗന്ധർവന്മാർ രണ്ട് യക്ഷന്മാർ കുബേരപുത്രന്മാർ മുമ്പിൽ നിന്നു നളകൂബരൻ മണിഗ്രീവൻ എന്ന രണ്ടുപേർക്കും പേര് ഇവര് കുബേരന്റെ മക്കളായിരുന്നു കുബേരന്റെ മക്കളെന്ന് വെച്ചാൽ നമുക്ക് ഊഹിക്കാം അല്ലേ പണത്തിന് എന്ത് കുറവ് എല്ലാവർക്കും വേണ്ട ആളാര കുബേരനാണ് ലോകത്ത് ഞങ്ങൾക്ക് അരുണാചലത്തില് തിരുവണ്ണാമലെ ചുറ്റും എട്ടും ഒന്നും ഒമ്പത് ലിംഗങ്ങളുണ്ട് മുഖ്യമായ ലിംഗം സൂര്യലിംഗവും ചേർത്തി ഒമ്പത് ലിംഗം അരുണാചലത്തിന് ചുറ്റുവായിട്ട് ഈ ഒരു നാലു വർഷമായിട്ട് തിരുവണ്ണാമല വളരെ പ്രസിദ്ധമായി ഒരുപാട് തിരക്ക് ഒക്കെ റിപ്പയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു നാലു വർഷം മുമ്പ് ഇന്ദ്രലിംഗം മുതൽ വരുണലിംഗം വരെ ഈശാനലിംഗം വരെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കായിരുന്നു ഒരേ ലിംഗം മാത്രം ഭംഗിയായിട്ട് ആളുകൾ റിപ്പയർ ചെയ്തു വെച്ചിരുന്നു കുബേരലിംഗം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആളുകൾക്ക് വേണം ബാക്കിയുള്ളവരൊന്നും വേണമെന്നില്ല പണം വേണമല്ലോ ധനം വേണം ധനത്തിനോടുള്ള ആസക്തി അല്ലാതെ ഭഗവാനോടുള്ള ആസക്തിയല്ല അപ്പോ പണക്കാരന്റെ മക്കളായിട്ട് ജനിച്ചു ഇവര് രണ്ടുപേരും പൊതുവെ ഇത് കൂടെ വരുമ്പോ അഹങ്കാരവും കൂടെ വരും അല്ലെ ജന്മൈശ്വര്യ ീഭിമാൻ ത് ഭഗവാനോട് പറഞ്ഞു കൃഷ്ണ ഞാൻ ഉയർന്ന കുലത്തിൽ ജനിച്ചിരിക്കുന്നു ഉയർന്ന ജാതിയില് ജനിച്ചിരിക്കുന്നു എന്റെ അച്ഛൻ വലിയ പണക്കാരനാണോ കോടീശ്വരനാണോ എനിക്ക് ധാരാളം ധനമുണ്ട് ഞാൻ വളരെ എല്ലായിടത്തും അറിയപ്പെടുന്ന പ്രസിദ്ധനാണ് നല്ല ഐശ്വര്യ സമ്പന്നനാണ് അല്ലെങ്കിൽ സൗന്ദര്യം എന്തിനെങ്കിലുമൊക്കെ അഭിമാനമുണ്ടെങ്കിൽ ഭഗവാനെ അങ്ങേ കിട്ടില്ല കുന്തി പറയുകയാണ് എന്തിനെങ്കിലുമൊക്കെ ഇവൻ അഭിമാനമുണ്ടെങ്കിൽ ഭഗവാനെ അങ്ങേ കിട്ടില്ല ഈ അഭിമാനം എപ്പ ഇല്ലാതാവുന്നു അകിഞ്ചനനാവുന്നു ഒന്നുമില്ലാത്തവൻ പുറമേക്കുള്ള സ്വത്ത് മാത്രമല്ല അകമേക്കും അഭിമാനം യാതൊന്നിലും അഭിമാനമില്ലാത്തവനാരോ അവന് ഭഗവാനെ കിട്ടും അക്ഷരമണമാലയില് രമണമഹർഷി ഒരു പാട്ട് ചേർത്തു മാനം കൊണ്ട് ഉറുപ്പവർ മാനത്തെ അഴിത്ത് അഭിമാനം ഇല്ലാതെ ഒളിർ അരുണാചല മാനം കൊണ്ട് അഭിമാനം കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ അഭിമാനത്തിന് നിശേഷം നീക്കി അഹങ്കാരത്തിനെ ഇല്ലാതാക്കി പരമേശ്വരൻ ഹൃദയത്തില് പ്രകാശിക്കാം അപ്പോ അഭിമാനം ധനത്തിന്റെ അഭിമാനം ഈ നളകൂപുര മണിഗ്രീവന്മാർക്ക് കുബേരന്റെ മക്കളല്ലേ എന്തു വേണമെങ്കിൽ അനുഭവിക്കാം സുഖമായിട്ട് ലോകത്തിലുള്ള എന്തു പദാർത്ഥങ്ങളും അനുഭവിക്കാം അങ്ങനെ സുഖിച്ച് നടക്കുകയാണ് അങ്ങനെ ഇവര് മധുരാപാനം ചെയ്ത് രുദ്രപാർഷകന്മാരായി ഇവര് അസഭ്യന്മാരായിട്ട് നാരദമഹർഷിയെ അല്പമെന്ന് അപമാനിച്ചു നാരദന് അപമാനമോ ബഹുമാനമോ വല്ലതുകൊണ്ടോ നാരദൻ ഒരേ ഒരു പണിയെ ഉള്ളു എല്ലാരെയും ഭഗവാന്റെ നേരെ തിരിച്ചുവിടാം നാരദന് വേറെ ഒരു തൊഴിലുമില്ല അതിനാണ് ദക്ഷൻ ശപിക്കുകയും ചെയ്തത് നാരദനെ എല്ലാരെയും സന്യാസികളാക്കണു ഒരു സ്ഥലത്ത് നിൽക്കാതെ അലഞ്ഞു തിരിയ എന്ന് പറഞ്ഞ് ശപിച്ചു നാരദൻ താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞു ഒരിടത്ത് നിന്നാലാണ് ഇപ്പൊ ബുദ്ധിമുട്ട് ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരുന്ന നല്ല സുഖം ഒരിടത്തും ബന്ധം ഏർപ്പെടില്ലല്ലോ അപ്പൊ നാരദ മഹർഷി ഈ ഭാഗത്തുകൂടെ വരുമ്പോൾ ഇവര് നാരദനെ അപമാനിച്ചു നാരദൻ തീരുമാനിച്ചു ഇവരെ ശപിക്ക ശപിക്കുക എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയാ ഇവർക്ക് ധനം മതമുണ്ട് അസതഹ ശ്രീമദാന്ധസ് ദാരിദ്ര്യം പരമഞ്ചനം അസദ്ബുദ്ധിയായിട്ടുള്ളവന് തോന്നിയവാസിയായിട്ടുള്ളവന് പണം കൊണ്ട് അഭിമാനിക്കുന്ന അഹങ്കാരിയായിട്ടുള്ളവന് അല്പമൊന്ന് ദാരിദ്ര്യം വന്നാൽ അവന്റെ കണ്ണു തുറക്കും ലോകത്തിലെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് എന്താണ് എല്ലാവരും ജനങ്ങൾ സാധാരണ ജനങ്ങൾ എങ്ങനെ ജീവിക്കണോ ഇതൊക്കെ മനസ്സിലാക്കും അവൻ അവന്റെ കണ്ണു തുറക്കാൻ ചിലപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടും എന്ന് തീരുമാനിച്ച് നാരദർ ശപിച്ചു ദാരിദ്ര്യമല്ല കൊടുത്തത് ഇവരെ വൃന്ദാവനത്തിൽ ഗോകുലത്തിൽ രണ്ട് മരങ്ങളായിട്ട് നിർത്തി അനങ്ങാതെ നിൽക്കുക എന്നാണ് ചിലർക്ക് അനങ്ങാതിരിക്കാനേ പറ്റില്ല അപ്പൊ ചിലരെയൊക്കെ അനങ്ങാതെ നിർത്തണമെങ്കിൽ ഇതൊക്കെ വഴിയുള്ളൂ അനങ്ങാതെ ഗോകുലത്തിൽ നിൽക്കുക കൃഷ്ണന്റെ ലീലകൾക്കൊക്കെ സാക്ഷിയായിട്ട് അവരവിടെ നിന്നു അവർക്ക് വലിയ ഭാഗ്യമായി ഇപ്പൊ നാരദം ചെയ്തത് ശാപമോ അനുഗ്രഹമോ ഇത് ശാപം വിളിക്കാം പക്ഷെ ഇത് അനുഗ്രഹമായിട്ട് തീർന്നു വലിയ അനുഗ്രഹമായിട്ട് തീർന്നു അവർക്ക് അവര് വൃന്ദ ഗോകുലത്തിൽ മരങ്ങളായിട്ട് നിൽക്കണു കണ്ണനെ ഒരലിന് കെട്ടിയിട്ടതും അവര് കണ്ടു കണ്ണൻ ഒരല് വലിച്ചു വലിച്ചു വലിച്ചു കൊണ്ടുവരണതും അവര് കണ്ടു അടുത്തു വന്നെത്തിയതും ഒന്നുകൂടെ അങ്ങോട്ട് ആഞ്ഞു വലിച്ചു